പൌലോസ് ന്യായാധിപസംഗത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായിക്ക് അടിപ്പാൻ കൽപ്പിച്ചു പൌലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ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 എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്കയരും ഒരുപക്ഷം പരീശന്മാരുമാകുന്നു എന്ന് പൌലുസ് അറിഞ്ഞു സഹോദരന്മാരെ ഞാനൊരു പരീശനും പരീഷന്മാരുടെ മകനുമാകുന്നു മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്കയരും തമ്മിൽ ഇടഞ്ഞു സംഘം ഛിദ്രിച്ചു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 അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പി എന്നാൽ അവൻ സമീപിക്കും മുമ്പ് ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരുപ്പിനെ കുറിച്ച് പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൌലോസിനോട് അറിയിച്ചു പൌലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ചു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 എന്നോട് ബോധിപ്പിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിനവൻ യഹൂദന്മാർ പൌലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോടപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ചു പോകരുത് അവരിൽ നാൽപ്പതിലധികം പേർ അവനെ ഒടുക്കിക്കളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശബതം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാക്തത്വം കിട്ടും എന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങിനിൽക്കുന്നു എന്ന് പറഞ്ഞു നീ ഇത് എന്നോടറിയിച്ചു എന്ന് ആരോട് മിണ്ടരുതെന്ന് സഹസ്രാധിപൻ കൽപ്പിച്ചു യൌവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരച്ചേവകരെയും ഇരുനൂറ് കുന്തക്കാരെയും ഒരുക്കുവിൻ പൌലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു താഴെപ്പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി ക്ലൌദ്യോസ് ലൂസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്നനും ഈ പുരുഷന് യഹൂദന്മാർ പിടിച്ചുകൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമ പൌരനെന്നറിഞ്ഞ്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 ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു ശുഭമായിരിക്കട്ടെ പടയാളികൾ കൽപ്പനപ്രകാരം പൌലസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രോസോളം കൊണ്ടുചെന്നു പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്തു പൌലോസിനെയും അവന്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്തു വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു കിലി കിയക്കാരൻ എന്ന് കേട്ടാറേ വാദികളും നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഹേരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു